ആയി വിദ്യ സാക്ഷാത്കാരത്തിൽ എന്താ സംഭവിക്കുന്നത് അദ്വൈതകള് പറയുന്നത് എങ്ങനെയാ വിദ്യ നശിക്കും വിദ്യാശത്തെക്കുറിച്ച് എങ്ങനെ നശിക്കുന്നു ആദ്യ അനർത്ഥ ആശയത്തിൽ പറഞ്ഞിരിക്കുന്നു ആവിദ്യ സംസ്കാരമാകുന്ന അനർത്ഥ വിദ്യ അനർത്ഥത്തെ ഇല്ലാതാക്കുന്നു എങ്ങനെ നശിപ്പിക്കാനും എങ്ങനെ നശിപ്പിക്കുന്നു ഞാനത് അവിദ്യയെ നശിപ്പിക്കുന്നു അതിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു യുടെ കാര്യമായ എന്താണ് നശിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നശിപ്പിക്കും അല്ലെങ്കിൽ ജ്ഞാനം രണ്ടുപക്ഷം രണ്ടു തരത്തിലാണ് അതിന്റെ വ്യാഖ്യാനം ബ്രഹ്മെന്ന് പറയുന്ന സച്ചിദാനന്ദം ആ സച്ചിദാനന്ദ്ര വിദ്യ മറച്ചിട്ടു ആ വിദ്യയെ ജ്ഞാനം നശിപ്പിക്കും ആ ജ്ഞാനത്തിന് ധ്യാനം ആവശ്യമാണ് ധ്യാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും ഇതൊക്കെയാണ് നിങ്ങളെ പറഞ്ഞത് തസ്മാ ബ്രഹ്മ വിജിജ്ഞാസിതവ്യം ിയും തസ്മാാസിത ഭാമതിൽ ജിജ്ഞാസവ്യുന്ന മുക്തലക്ഷണേന മമ്മൂക്ഷണ അതുകൂടെ ചേർത്തോളൂ ഭാമതികാരം പറയും മുമ്പ് പറഞ്ഞ മുമ്മു മുമ്പ് പറഞ്ഞ മമുക്ഷുന്ന് വെച്ചാൽ മൂഷുവിന്റെ ലക്ഷണം എന്താണ് ക്ഷണം എന്താണ് ഇതുവരെ പഠിച്ചതെല്ലാം മുക്ത ലക്ഷണേനു പറഞ്ഞാൽ മുമ്പ് പറഞ്ഞാൽ ലക്ഷണത്തോടുകൂടിയ മോക്ഷം അപ്പൊ മൂക്ഷുവിന്റെ ലക്ഷണം മുമ്പ് എന്താ പറഞ്ഞത് സാധന ചതുഷ്ടയ സമ്പന്നൻ സാധന ചതുഷ്ടയ അതാണ് മോശം തജ്ഞാനം വിനാ സവാസന വിവിധ ദുഃഖ നിദാനം അവിദ്യം വിനാ ആ ജ്ഞാനം കൂടാതെ ഏത് ജ്ഞാനം സമാധിയിലുണ്ടാകുന്ന ആ ബ്രഹ്മജ്ഞാനം അപരോക്ഷ സാക്ഷാത്കാരം അഭിണ്ടാകാര വൃത്തി എന്നൊക്കെ പറയും വിവേകവൃത്തി എന്ന് പറയുന്നത് ഒരു പതിനായിരം ആതിഥേവികരൊന്നായി വരും വരും ആ വിവേകവൃത്തി വിവേകവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കും വിവേകവൃത്തി ണോ വിദ്യാവിദ്യ വിവേക വിവേകപ്പെടുത്തിയുടെ അർത്ഥമാർക്കെങ്ങനെ ശെരിക്കും പറയാമോ ഇതുവരെ പഠിച്ചായിരുന്നു വിവേകൃത്തിവേകത്തോട് കൂടിയ വൃത്തി ഇവരോടെ പറഞ്ഞത് മനസിലാക്കാം വിവേകം എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞെന്താ വിവേകമെന്ന് പറഞ്ഞ ക്ഷേത്രം ക്ഷേത്രജ്ഞമായിട്ടുള്ള വിവേകം വിവേകമെന്ന് പറഞ്ഞ ജ്ഞാനം വിവേക വൃത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോട് കൂടിയ വൃത്തി അല്ലെങ്കിൽ ജ്ഞാനമുള്ള വൃത്തി എന്തുജ്ഞാനം ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന വൃത്തി അതിനെയാണ് അഖണ്ഡാകാര വൃത്തി എന്നെല്ലാം പറയുന്നത് അതിനെയാണ് അതാണ് അവിടെയുള്ള അർത്ഥം ഇവിടെ വിവേകം എന്ന് ജ്ഞാനമാണ് എന്ത് ജ്ഞാനം ആത്മജ്ഞാനം ഡിസ്ക്രിമിനേഷൻ എന്ന് എന്താണ് ആ അതിന് വേറെ ഇരിക്കുന്ന ഒരു പ്രോസസ് അതിനാണ് ഡിസ്ക്രിമിനേഷൻ വിവേകത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ അർത്ഥം ഇവിടെ ജ്ഞാനം ബ്രഹ്മജ്ഞാനം ഇപ്പൊ തജ്ഞാനം ആ ബ്രഹ്മജ്ഞാനം കൂടാതെ പലതരത്തിലുള്ള ദുഃഖം അതിന് നിദാനം എന്ന് പറഞ്ഞാൽ കാരണവും ആയ അവിദ്യ അപ്പൊ അവിദ്യക്ക് വിശേഷം കൊടുത്തിരിക്കണം ഒന്ന് സവാസന എന്ന് വെച്ച വാസന അല്ലെങ്കിൽ സംസ്കാരത്തോടുകൂടിയത് രണ്ട് വിവിധ ദുഃഖനിദാനം പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന ഒന്നാണ് അവിദ്യ ആവിദ്യ ജ്ഞാനം വിനാൻ ആത്മജ്ഞാനം കൂടാതെ അത് നശിക്കത്തില്ല പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റാണെന്ത് ഈ അവിദ്യ ഈ അദ്വീതത്തിന്റെ മുഴുവൻ പ്രയത്നവും മുഴുവൻ പരിപാടികളും എല്ലാ പദ്ധതികളും എന്തിനുവേണ്ടിട്ടാണ് അവിദ്യയും നശിപ്പിക്കുന്നത് ഈ അവിദ്യയും നശിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം വിദ്യ ഉണ്ടാക്കണം വിദ്യ ഉണ്ടാക്കുന്നത് ഏത് വിദ്യ വേണം ആത്മവിദ്യ ആത്മവിദ്യ എങ്ങനെയുള്ള ആത്മവിദ്യ എങ്ങനെയുള്ള ആത്മവിദ്യയാണ് സാക്ഷാത്കാര രൂപത്തിലുള്ള ആത്മവിദ്യ അല്ലാ വിദ്യ എന്ന് പറഞ്ഞാ പോലെ നമുക്കിപ്പോഴും വിദ്യ ഉണ്ട് ഇതുകൊണ്ടൊന്നും ആ വിദ്യ നശിക്കത്തില്ല എന്തുകൊണ്ട് നശിക്കില്ല എന്തുകൊണ്ടാണ് ആ വിദ്യ നമ്മുടെ ഇപ്പോഴത്തെ ഈ അറിവൊണ്ട് നശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തോ കാരണം അതന്നെ ഇപ്പോഴത്തെ ഉണ്ടാകാതെ കൊടുത്തില്ല ഇതുകൊണ്ട് എന്തുകൊണ്ട് അവധ്യം എന്ന് ചോദ്യം ഇല്ല സിമ്പിളായ ചോദ്യം ഉണ്ട് സിമ്പിളായ വിദ്യാത്മന വിദ്യാഭ്യാസം ില്ല കൊല്ലും സവാസുഖ ഉച്ച എന്തുകൊണ്ടാണ് നമ്മുടെ ജ്ഞാനം കൊണ്ടു പറയുന്ന എന്താണ് പരോക്ഷ ഇത് സമാധീല സാക്ഷാത്കാരാണ് സമാധീല സാക്ഷാത്കാരം കൊണ്ട് അവിധ്യം നശിക്കും എന്തുകൊണ്ട് അതന്നെ അതുകൊണ്ട് അവിദ്യം നശിക്കു എന്തുകൊണ്ട് എന്നാണ് അദ്വൈതി പറയുന്നു എന്തുകൊണ്ട് ഏ എന്തുകൊണ്ടാണ് അതായത് അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ് ഡോക്ടറെ പോയി കാണണം അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ് വിദ്യുന്നത് അപരോക്ഷം കേക്കാണ് അപരോക്ഷം എങ്ങനെ അറിയാം വിദ്യ പ്രത്യക്ഷമാണെന്ന് ആര് കാണുന്നു കണ്ണുകൊണ്ട് കാണൂ അതായത് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഉണ്ട് ഒരാൾക്ക് എപ്പോഴാണ് ഞാൻ അജ്ഞനാണെന്നുള്ളത് ചോദിക്കുകയാണ് നീ ബ്രഹ്മമാണെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയും എനിക്കറിയില്ല ആ കാര്യത്തിൽ ഞാൻ അജ്ഞനാണ് എന്ന് വെച്ച അജ്ഞാനം തനിക്ക് പ്രത്യക്ഷമാണ് അപ്പൊ തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാനത്തിന് പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ ആ പ്രത്യക്ഷമായ ജ്ഞാനം എന്ന് സമാധി കൊണ്ടാകുന്നത് അതുകൊണ്ടാണ് സമാധിയുടെ ജ്ഞാനത്തിന്റെ ആവശ്യം വേണ്ടി അല്ലാതെ പ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാനത്തെ നമ്മളീ പറയുന്ന വാചമടിക്കുന്ന ജ്ഞാനം കൊണ്ടൊന്നും നശിപ്പിക്കാൻ പറ്റില്ല മനസിലാവോ ഇത് അധവിനികളിൽ ഒരു കൂട്ടരുടെ അഭിപ്രായമാണ് ബാഗുമതികാരനെ കൈ ഗുരുപ്പിക്കപ്പെടുന്നവരാണ് എല്ലാവർക്കും ഇങ്ങനെ അഭിപ്രായം ഇല്ല ൂർത്ത വൈദ്യം എന്ന് പറയത്തിട്ട് പ്രത്യക്ഷമായിരിക്കുന്ന ഞാൻ അച്ഛനാണെന്നുള്ള ഓരോരുത്തരും പ്രത്യക്ഷമായി അറിയുന്നോണ്ട് അത് പ്രത്യക്ഷമാണ് അതുകൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന അതിനെ നശിപ്പിക്കാൻ പ്രത്യക്ഷമായ ഞാനും ആ പ്രത്യക്ഷമായ ഞാനും സമാധി ആ സമാധി കൊണ്ട് അതിനെ നശിപ്പിക്കും ഇതൊക്കെ ചില അദ്വൈദികളുടെ പ്രക്രിയ പ്രക്രിയ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവിദ്യ നശിപ്പിച്ച പോലെ എന്റെ സംസ്കാരത്തെയും നശിപ്പിക്കും അവിദ്യയുടെ സംസ്കാരത്തെ എന്തിനാണ് സ്വീകരിക്കുന്നത് എന്തിനാണ് ആ ഓരോ സൃഷ്ടിക്ക് സൃഷ്ടിക്കുവേണ്ടി ആ വിദ്യയുടെ സംസ്കാരത്തെ സ്വീകരിക്കണം പിന്നെ സുഷുതിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരാൻ സംസ്കാരം പിന്നെ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നതിന് സംസ്കാരം വേണം ഇതിനെല്ലാം സംസ്കാരം ആവശ്യമാണ് അപ്പോ അങ്ങനെയുള്ള അവിദ്യയേയും സംസ്കാരത്തെയും അപരോക്ഷമായ ആ ജ്ഞാനം നശിച്ചു ഇതാണ് ദ്വീയർ പറയും അതും പോയിന്റാണ് മനസ്സിലാക്കി വെച്ചോ ദാമതി കാരണം പോലെയുള്ളവരങ്ങനെ പറയുന്നു ഇനി അജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട് എന്താണ് റിവില്ല അറിവില്ലായ്മഞ്ഞാൽ ഇല്ലായ്മ വേണം അത് നശിക്കേണ്ട കാര്യമില്ല അറിവുണ്ടായാൽ മതി അങ്ങനെ ഒരഭിപ്രായം ഉണ്ട് അപ്പോ അവിടെ അറിവില്ലായ്മ വേണം അവിദ്യ എന്ന് പറയുന്നു അത് നശിക്കേണ്ട കാര്യമില്ല ഇല്ലാത്ത എങ്ങനെ നശിക്കും ഇല്ലാത്തങ്ങനെ നശിപ്പിക്കാൻ പറ്റും അവിടെ അറിവുണ്ടായാൽ മതി ഇപ്പൊ അവിദ്യ നാശമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അദ്വൈതികളും ഉണ്ട് മനസിലായ നേദമന്തിരേണ വികളിത നിഖിതുഃഖാനുഷംഗ ആനന്ദഘന സത്കാരോ ജീവസ് കുറച്ചുകൂടെ കടുത്ത കാര്യം പറയുന്നു തതുച്ഛേദം എന്താണ് അവിദ്യയും അതിന്റെ വാസനയും നശിക്കാതെ തതുച്ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ് ആവിദ്യയും അതിന്റെ വാസനയുടെയും അതുകൂടാതെ ുഖാനുഷംഗം ദുഃഖാനുഷംഗം എന്ന് പറഞ്ഞാൽ എന്താണ് നിഖില ദുഃഖ സംബന്ധം എന്ന് പറഞ്ഞാലോ എല്ലാ ദുഃഖ സംബന്ധങ്ങളും അത് വികളിതമാകാന്ന് പറഞ്ഞാലോ എല്ലാ ദുഃഖ സംബന്ധങ്ങളും ഇല്ലാതാകും ആത്മാവിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖബന്ധങ്ങളും ഇല്ലാതാകുക അത് പറയുമല്ലോ ആധ്യാത്മികം ആദിഭൗതികം ആതിദൈവികം ഇന്നെല്ലാം പറയുന്ന എല്ലാ ദുഃഖബന്ധങ്ങളും ഇല്ലാതാകുക അതാണ് വികളിത നികില ദുഃഖാനുഷങ്ക എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ ആനന്ദഘനം ആനന്ദം മാത്രമായ കേവലമായ ആനന്ദം ബ്രഹ്മാത്മത ജീവാത്മ പരമാത്മ ഏകത്വം അതാണ് ബ്രഹ്മാത്മത ബ്രഹ്മെന്നു വെച്ച പരമാത്മാ ആത്മാച്ച ജീവാത്മ രണ്ടും ഗുണം ചെയ്യുമ്പം ബ്രഹ്മാത്മതെന്ന് വെച്ചാൽ ഏകത്വം അതിന്റെ സാക്ഷാത്കാരാവിർഭാവം ത്തിന്റെ ആവിർഭാവം ഉണ്ടാകും ആർക്ക് ജീവസ് ആ ജീവിതത്തിന് ഇങ്ങനെ ബ്രഹ്മാത്മ സാക്ഷാത്കാര ആവിർഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എന്നതു നജത്തത് ചെയ്ത മന്ത്രി അവിദ്യം നശിക്കാതെ പറ്റത്തില്ല ജീവന് സാക്ഷാത്കാര ആയർഭാവം വരണമെങ്കിൽ എന്തുവേണം ആവിദ്യ നശിക്കാതെ പറ്റത്തില്ല ഇതിലൂടെ അതിഥികൾ പറയുന്നത് എന്താണ് അഖണ്ഡാകാര വൃത്തിയുണ്ടാവും അഖണ്ഡാകാര വൃത്തിയുണ്ടാകുമ്പോൾ ആ വൃത്തിയോ അല്ലെങ്കിൽ ജ്ഞാനത്തോടു കൂടി വൃത്തിയോ എന്തായാലും അത് അവിദ്യയെ നശിപ്പിക്കും അഖണ്ഡാകാര വൃത്തിയെ ആണ് സാക്ഷാത്കാരം എന്ന് പറയും കാരണം അത് ജ്ഞാനമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമാണ് അതിനാണെന്ന് പറയുന്നത് സാക്ഷാത്കാരം ഈ അഖണ്ഡാകാര വൃത്തിയാകുന്ന സാക്ഷാത്കാരം ഒരാള് ധ്യാനിക്കാനിരിക്കുന്നു സപ്പോസ് ഒരു ധ്യാനം എ ധ്യാനിക്കാനുവാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു അയാളുടെ കണക്ഷൻ പോകുന്നു കണക്ഷൻ പോകാന്ന് പറഞ്ഞ കണക്ഷൻ പോകുന്നു ബോധം പോകുന്നു ഇത് സാക്ഷാത്കാരമല്ല ബോധം പോയിന്നേ ഉള്ളു പോലെ മൂർച്ഛ പോലുള്ള ഒരവസ്ഥ സാക്ഷാത്കാരാവണെങ്കി എന്തു വേണം ആ ഉള്ളിൽ ജ്ഞാനം വേണം എന്തു ഞാനും വേണം എന്തു ഞാനും വേണം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം തന്നെ വേണം ബോധം പോയാൽ സാക്ഷാത്കാരം ആവത്തില്ല അപ്പൊ ബോധം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ എന്തോ മാറ്റം സംഭവിച്ചു ഇത്രയും ബ്രെയിന്റെ ന്യൂറോൺ ഫയറിങ്ങിൽ എന്തോ മാറ്റം സംഭവിച്ചു ഇത്രയും മനസിലാക്കാൻ പറ്റും വേറൊന്നും അതിന് മനസ്സിലാക്കാനില്ല പറഞ്ഞു അല്ല ആ സമയത്ത് സാക്ഷാത്കാരമാണ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായ ബോധം വേണം എന്തു ബോധം അഹംബരും മാസ്മി എന്നുള്ള ബോധം വേണം ആ ബോധം അങ്ങനെ ഇതാണ് അദ്വൈതി പറയുന്നത് പറയുന്നത് എന്താണോ അസംപ്രജ്ഞാത സമാധിയില് അത് പരിചയം കൊണ്ട് സത്കാരൃമി അങ്ങനെ ഒരു ദൃഢഭൂമി ദൃഢമായ ഒരവസ്ഥയിലെത്തിച്ചേരുമ്പഴത്തേക്ക് എല്ലാ ബോധവും പോയിട്ട് ദീർഘകാലത്തെ പരിശീലനം കൊണ്ടേ സാധിക്കും ബോധരഹിതമായ സമാധി ഉണ്ടാവും ബോധരഹിതമായ സമാധി എന്ന് പറയുമ്പോ അവിടെ ബോധം ഇല്ലാതെ വരുന്നില്ല ബോധശൂന്യമായ അവസ്ഥയെന്താ എന്തുകൊണ്ട് ബോധശൂന്യമായ അവസ്ഥ എന്താ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ബോധശൂന്യമായ അവസ്ഥ അല്ല എന്തുകൊണ്ടാണ് അതായത് അവിടെ അന്ധക്കരണ വൃത്തി ഏതെങ്കിലും തരത്തിലുള്ള പരിണാമത്തെ പ്രാപിക്കുന്നില്ല എന്നേയുള്ളൂ അന്തക്കണ്ണ വൃത്തി ഒരു പരിണാമത്തെ പ്രാപിച്ചാൽ ബോധമാവും അത് സംഭവിക്കുന്നില്ല മറിച്ച് എന്താ പറയുന്നത് എല്ലാ വൃത്തികളും ഒടുങ്ങിപ്പോകും ഒടുങ്ങിപ്പോയാലും ബോധം അവിടെയുണ്ട് എന്തുകൊണ്ട് പുരുഷൻ രോഗികൾ പറയുന്ന പുരുഷനോ പുരുഷൻ അവിടെ ജ്ഞാനസ്വരൂപനായിരിക്കും അവിടെ ജ്ഞാനമുണ്ട് പുരുഷൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും അതാണ് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്ന നിർവികല്പ സമാധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യോഗികൾ പറയുന്ന അസംപ്രജ്ഞാത സമാധിയാണ് അദ്വൈതികളുടെ നിർവികല്പ സമാധി വികല്പം എന്ന് പറഞ്ഞെന്താ വികല്പറഞ്ഞെന്താണ് ജ്ഞാനം നിർവികല്പച്ചാൽ ജ്ഞാനമില്ലാത്ത സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി നിർവികല്പ സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്ത സമാധിയാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി എന്താ തടവെന്ന് മനസ്സിലായി സമാധിന്ന് പറഞ്ഞാൽ ഞാനില്ലാത്ത സമാധിയാണെന്ന് പറഞ്ഞാൽ ഞാനുള്ള സമാധി എന്ത് മനസിലായി ആണ് അങ്ങനെന്താ വെളുപ്പ സമാധി പറഞ്ഞാൽ ഞാനില്ലാത്ത സമാധിയാണ് എന്നാൽ ഞാനുള്ള സമാധിയാണ് എന്ത് മനസിലാക്കി പറഞ്ഞാൽ ബ്രഹ്മമാണെന്നുള്ള ആ ബോധമുണ്ട് സമാധി ജ്ഞാനമുള്ള സമാധിയാണെന്ന് പറഞ്ഞാൽ എന്ത് മനസിലാക്കി ജ്ഞാനത്തെ ഞാന സ്വരൂപത്തിൽ ബ്രഹ്മം പ്രകാശിച്ചുകൊണ്ടേ സ്വയം പ്രകാശം സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ് അവിടെ ജ്ഞാനം ഉണ്ടെന്ന് പറയുന്നു കാരണം ആത്മാവ് ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ് അതങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അറിവ് അപ്പൊ ഞാനവിടെ ഉണ്ട് ഇനി ജ്ഞാനം ഇല്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞു വൃത്തിജ്ഞാനം ഏതാണ് വൃത്തിജ്ഞാനം ഏതാണ് വൃത്തിജ്ഞാനം അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തിജ്ഞാനം അതവിടെയില്ല ആഹം യദ് ഭാനം ദ ത്വര്യം ഇത് ശംസ്യത അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആൻ ഭർത്തിജാനം ില്ലാത്തോണ്ട് അവിടെ ജ്ഞാനമില്ല ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം ഒരു തടസ്സവും കൂടാതെ എന്താണ് അതിന്റെ തടസ്സം അവിദ്യ അതിന്റെ സംസ്കാരം ഈ തടസ്സങ്ങളൊന്നും കൂടാതെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു ജ്ഞാനം ഉണ്ട് ഇത്രയും മനസിലായി കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമായി ഇനി ഒന്നും ബ്രഹ്മജ്ഞാനത്തിന് ഇനി ഒന്നിന്റെ ആവശ്യം അൾട്ടിമേറ്റ് ഞാനും ഞാൻ അറിയാറും വെച്ച വൃത്തിഞ്ഞാനും ഇല്ല വൃത്തിഞ്ഞാനും ഇല്ല എന്നാ ഞാനും ഇരു പകലും നീച്ചയും തേനുറും ചങ്കാരംപൂറും ഇത് ഇവിടെ ഇരുമയോട് ആസ്വദിച്ചിരുന്നു അപ്പോ ഈ പറയുന്നതൊക്കെ ശരിയാണെന്താണോ മൊത്തം ശരിയാണോ വികളിത ദുഃഖ ദുഃഖാനുഷങ്കം സർവദു ബന്ധങ്ങളും അറ്റുപോയി സർവ്വ ദുഃഖബന്ധങ്ങളും അറ്റുപോയി ആനന്ദഘനം ആനന്ദം മാത്രമായിരിക്കുന്നു ബ്രഹ്മാത്മത്വം ഏകമായ ബ്രഹ്മ ജീവൻ ഈശ്വരൻ എന്ന ഭേദമൊന്നുമില്ല ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല ബ്രഹ്മാത്മത്വമാണ് അത് സാക്ഷാത് ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാക്ഷാത്കാരമാണ് എപ്പടി ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം എന്ന് പറയുന്ന സെക്കൻഡ് സാക്ഷാത്കാരം അപ്പൊ ഫസ്റ്റ് സാക്ഷാത്കാരം ഏതാണ് അഹം ബ്രഹ്മാസ്മി അതാണ് ഫസ്റ്റ് സാക്ഷാത്കാരം ഈ അഹം ബ്രഹ്മാസ്മിയാണ് എന്ത് ചെയ്യുന്നത് അതെന്ത് ചെയ്യുന്നു അഹം ബ്രഹ്മാസ്മിയുടെ ജോലി എന്താണോ അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു സമാധിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പഠിച്ചെങ്കിലും ഉമ്മക്ക് സമാധിയോ ഇല്ല കാര്യമെങ്കിലൊന്നും പഠിച്ചെങ്കിലും ഉമ്മക്കിന്റെ നീ എന്തെങ്കിലും സമാധി വരുമ്പം ആ ഇതാണല്ലോ പണ്ട് പറഞ്ഞതെന്ന് തിരിച്ചറിയാനെങ്കിലും പറ്റുന്നുണ്ട് അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം അഖണ്ഡാകാരപ്പെടുത്തി അജ്ഞാനത്തെ അതാണ് സാക്ഷാത്കാരം അത് അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അജ്ഞാനവും അതിന്റെ സംസ്കാരവും നശിപ്പിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ് അതാണ് ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ യാതൊരു കൂടാതെ ഈ ബ്രഹ്മം ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക ആനന്ദമായിരിക്കുക ും ആനന്ദവുമായിരിക്കും അപ്പൊ ഇതാണ് സെക്കൻഡ് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഫൈനൽ സാക്ഷാത്കാരം അവിടെ സാക്ഷാത്കരിക്കാൻ വൃത്തിയില്ല അവിടെ സാക്ഷാത്കാരത്തിന് എന്ത് മാത്രമേ ഉള്ളൂ സ്വരൂപം മാത്രം സ്വരൂപപ്രകാശം ഏതുപോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മുറിക്കാത്തൊരു ലൈറ്റ് വയ്ക്കുന്നു അതിനൊരു കർട്ടൺ കൊണ്ട് മൂടി വെക്കുന്നു ആ കട്ടനെ മാറ്റുന്നതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം ഫസ്റ്റ് സാക്ഷാത്കാരം മാറ്റി കഴിഞ്ഞാൽ പിന്നെ വിളക്ക് അവിടെ ഇരുന്ന് ജ്വലിക്കുന്നതാണെന്ന് ഫൈനൽ സാക്ഷാത്കാരം രണ്ടാമത്തെ സാക്ഷാത്കാരം ബ്രഹ്മത്മതാ സാക്ഷാത്കാരം അതിന് വൃത്തിയുടെ ആവശ്യം എന്താണ് ആദ്യത്തെ വൃത്തിയാണ് ആ വൃത്തിയുടെ ഉപയോഗം എന്താണ് അജ്ഞാനം വെച്ചു കഴിഞ്ഞാൽ അടുത്ത സാക്ഷാത്കാരം വരും അതാണ് ഒറിജിനൽ സാക്ഷാത്കാരം അതെന്താണ് ബ്രഹ്മാ അത് സ്വയം പ്രകാശിക്കുക അതിനാണ് സ്വയംപ്രകാശവും പറയുന്നത് സ്വനവും മടങ്ങും ഇടം സ്വയം സ്വയം പ്രകാശം അദ്ദേഹം പറയുന്നത് ന്യൂറോ സയൻസ് എന്താ പറയുന്നത് ഏ എന്നാലൊന്ന് കേട്ടിരിക്ക ോസസ് ബ്രെയിനിലുണ്ടാകുന്ന ചില കെമിക്കലുകൾ ആ കെമിക്കലുകൾ റിലീസാകുമ്പോഴത്തേക്ക് ബ്രഹ്മാനന്ദം ബ്രെയിനുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ബ്രഹ്മാനന്ദം അപ്പോ ഒരു കെമിക്കലൂടെ റിലീസായി കഴിഞ്ഞാൽ എന്ത് ആനന്ദം വരുത്തുള്ളൂ അത് സിറോട്ടോണിൽ ഓക്സിറ്റോസിൽ ഡോപ്പമിൻ പോലെയുള്ള നല്ല സൂപ്പർ കെമിക്കലുകൾ വന്നു കഴിഞ്ഞാൽ തലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകാണോ പെട്ടെന്ന് അറിയത്തില്ല സമാധി ഇരിക്കും പോലെ തന്നെ ഒരിപ്പിരുന്നാ പിന്നെ അറങ്ങത്തില്ല പടി പോലെ ഇരിക്കില്ല ആനന്ദി ആയി കഞ്ചാവ് അടിച്ചാൽ അവർക്ക് ഡോപ്പ് ഇന്റർനൈസ് ആവും ആനന്ദത്തിരിക്കാം എം ഡി എം ഐ ഇതൊക്കെ യൂസ് ടാക്സി യൂസ് ചെയ്തിട്ട് ഈ ആനന്ദത്തിൽ പോയി തിരിച്ച് ഒരു നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റാത്തതാണ് ഈ ബൈസിൽ രാജ്യാവുന്നേ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ സംഭവിക്കുക അതിനൊക്കെ ന്യൂറോ സയൻസ് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആനന്ദം ഉണ്ടായാലും ശെരി ബ്രഹ്മാനന്ദാലും സമാധിയിൽ ആനന്ദമായാലും ശരി നിങ്ങൾക്ക് ആനന്ദമുണ്ടാവുന്നോ ഡോ പണ്മ റിലീസാകും ഡോപ്പമ്മ റിലീസായാലോ വീണ്ടും നമുക്ക് ആഗ്രഹം തോന്നും വീണ്ടും നമ്മൾ അത് ചെയ്യും ധ്യാനിക്കും എന്തെങ്കിലും ചെയ്യും അപ്പൊ വീണ്ടും റിലീസാകും ഇത് അഡിക്റ്റ് ആയി പോവും ഇത് അഡിക്റ്റ് ആവും അഡിക്ഷ ഉണ്ടാകും അല്ല ബ്രഹ്മം ആനന്ദമായത് കൊണ്ടല്ല ഈ ഒന്നു മുന്നൂറ് പേരും എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഈ ജെല്ലി ഇതിനകത്ത് കുറെ ഹാർമോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ആനന്ദമൊക്കെ അനുഭവപ്പെടുന്നത് അത് ജ്ഞാനിക്കായാലും അജ്ഞാനിക്കായാലും ബ്രഹ്മജ്ഞാനിക്കായാലും ഭക്തനായാലും എല്ലാവർക്കും പറഞ്ഞാൽ തീരാത്ത ആനന്ദമല്ലേ ഈ ആനന്ദം മുഴുവൻ ഉണ്ടാകുന്നു സത്യമാണ് അത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിന് കാരണം ബ്രഹ്മമോ പരമാത്മാവോ ഒന്നുമല്ല പിന്നെ എന്താണ് ബ്രെയിനുള്ള ചില കെമിക്കൽ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സിരാക്ടോണിൻസ് പിന്നെ അതോണ്ടായിരുന്നു അല്ല സമാധീകരിക്കുന്നവർക്കൊന്നും നിർത്താൻ പറ്റില്ല സമാധി വരുന്നുകഴിഞ്ഞാ അവർക്ക് എപ്പോഴും എപ്പോഴും സമാധികരിക്കണമെന്ന് തോന്നുന്ന എന്തോ അഡിക്റ്റായി പോകും ഈ ആനന്ദത്തിന് പോകും കാരണം എന്തുകൊണ്ട് ആനന്ദംന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ് റിലീസാവുന്നതാണ് അത് റിലീസായ അഡിക്റ്റാകും ആൾക്കാർ സുഖത്തെ അന്വേഷിക്കുന്നു സുഖത്തിന്റെ പിറകെ പോകുന്നു പറയുന്ന എന്തുകൊണ്ട് ഇവിടെ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞ കേട്ടില്ല പറയുന്ന കേട്ടില്ല ഡൌട്ട് ചോദിച്ചു ചോദിച്ചോട്ടു ആ ആയിക്കോട്ടെ ഈ പ്രിയമോദിയ പ്രിയമോദം പ്രമോദം അതന്നെയുണ്ട് അപ്പുറത്തന്നെ ഏത് സമാധി സമാധി എന്ന് പറയുന്നത് എല്ലാം വരുമ്പോഴും അവനെന്ത് വേണം സാധനം അവന്റെ എന്ത് വേണം അതെന്താ ബ്രെയിൻ വേണം സമാധി ഇരിക്കുന്നവന്റെ തല അങ്ങ് മാറ്റിട്ട് പിന്നെ അവൻ സമാധി ഇരിക്കുമെന്നറിയിട്ട് ബ്രെയിൻ ഉണ്ടെങ്കിൽ എന്തു പറ്റൂ സമാധിയിരിക്കാൻ പറ്റും ബ്രെയിൻ ഉള്ളപ്പോ സമാധി ഇരുന്നാ അവിടെ ഹാർമോൺസ് റിലീസാകും അല്ലെങ്കിൽ ബ്രെയിൻ ഇല്ലാതൊരാള് സമാധിയിരിക്കണം അങ്ങനെ ഒരാളെ കാണിച്ചു തരാം ബ്രെയിൻ ഇല്ലാതെ സമാധിയിരിക്കുന്നു പറ്റോ അതൊക്കെ സമാധിയിരിക്കണമെങ്കിൽ ബ്രെയിൻ വേണം ഇത് ആനന്ദമയകോശത്തിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇതിന്റെ അപ്പുറത്തുള്ള ആനന്ദമയ കോശം എന്ന് പറയുന്നതിനാണ് ഓപ്സിറ്റോസിൻ്റെ ബ്രഹ്മയത്തിന്റെ അപ്പുറത്തുള്ള ആ അത് അത് ആനന്ദമയത്തിന്റെ അപ്പുറത്തിരിക്കുന്ന ബ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന ഹോർമോൺ രഹസ്യങ്ങളിൽ രേഖമാണ് ബ്രെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകത്തില്ല അതായത് ബ്രെയിൻ ഡെത്തായ ആൾക്കാർ ബ്രെയിൻ ഡെത്ത് എന്ന് പറയും പിന്നെ ആനന്ദമില്ല ബ്രെയിനിന് തകരാർസം ഈ ആനന്ദം ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങൾക്കൊക്കെ ക്ഷതം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആനന്ദം ആള് അനുസരി ആള് കോമയിൽ പോയി എറാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിഷനൊക്കെ വെച്ച് പ്രവർത്തിച്ച് തിരിച്ചു ആശ്രമത്തിൽ കൊണ്ടുവന്നു അവസാന സാധനം ഊരിക്കും കുട്ടികൾ സമാധി കൊടുക്കി ഷമ്പാരൂലി മാറ്റി മര്യാദക്കൊന്നും മരിക്കാൻ പോലും പറ്റിയില്ലേ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ലൈഫ് സപ്പോർട്ട് നീക്കാൻ പാടില്ല അങ്ങനെ നീക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി കോടതിന്നൊക്കെ ഉത്തരമായിട്ടുണ്ടേ പറ്റും ഇല്ല ഇല്ല അതൊക്കെ ആശ്രമത്തിനകത്തട്ടെ അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് കൊലപാതകമാണ് അത് കൊലപാതകമാണ് ശരിക്കും ലൈഫ് സപ്പോർട്ട് മാറ്റുന്നത് ആ പക്ഷേ അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അവർ കഷ്ടമല്ലേ അല്ലാൾ മരിക്കുന്നു ബോധവുമില്ല അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് ആത്മീയതയിലും ഈ സ്വാമിയുടെ ദിവ്യത്വത്തിലും സിദ്ധിയിലും ഒക്കെ ആൾക്കാർക്ക് സംശയമുണ്ടാകും അതുകൊണ്ട് ആൾക്കാരിൽ കൂടുതൽ സംശയം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അപ്പൊ ആൾക്കാർ ഒരു ഇയാളൊരു സാധാരണ മനുഷ്യനെ പോലെയുള്ള എന്താ വ്യത്യാസം എല്ലാവരും ഇതുപോലെ കോമയിൽ കിടന്ന് മെൻ്റലയിൽ കിടന്നു മരിക്കുന്നു നമ്മുടെ സ്വാമി അങ്ങനെയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരഭിപ്രായ വ്യത്യാസം വരും അത് വരായിരിക്കാൻ വേണ്ടി പതുക്കെ അങ്ങ് തട്ടിക്കളങ്ങ് കൊലപാതക കൊലപാതാണ് അപ്പൊ അത് ഇത്രേയുള്ളൂ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അംഗീകരിച്ചാൽ എന്താണ് ഇതൊക്കെ ബ്രെയിനിന്റെ പരിപാടികളാണ് ബ്രെയിന ഡോപ്പുമെന്റ് റിലീസ് ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞ ബ്രെയിൻ ഡെത്തെന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കോമേ അല്ല ബ്രെയിൻ ഡെത്ത് അല്ല അത് വേറെ ബ്രെയിൻ ഡെത്താണെന്ന് ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്ത് ബ്രെയിൻ എന്നുവെച്ചാൽ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നലുകളൊന്നും കിട്ടുന്നില്ല താഴോട്ട് ബാക്കി ശരീരത്തിന്റെ ലങ്സ് ഹാർട്ടെല്ലാം മറ്റുപകരണങ്ങളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കും ഹാർട്ട് പ്രവർത്തിക്കുന്നത് വേറെ ഉപകരണങ്ങൾ വെച്ച് പ്രവർത്തിക്കുക ലങ്സ് പ്രവർത്തിക്കാം ബ്രെയിനിൽ നിന്നും ഒരു സിഗ്നലും വരുന്നില്ല അങ്ങനെ ബ്രെയിൻ ഡെത്ത് എന്നാണ് അങ്ങനെ വന്നു ഈ സപ്പോർട്ട് ലൈഫ് സപ്പോർട്ട് എക്വിപ്മെന്റ്സ് എല്ലാം മാറ്റാം അയാൾ മരിക്കും അവരാണ് അവയവദാനമൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിന് മെഡിക്കൽ ബോർഡിന്റെ ഒക്കെ അംഗീകാരം വേണം മെഡിക്കൽ ബോർഡിന്റെ അംഗീകാരം വേണം അപ്പൊ ഇത് എന്താണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ അങ്ങനെ ഒരവസ്ഥ വന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ് എനിക്ക് അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടൻ മെഡിക്കൽ സപ്പോർട്ടൊന്നെങ്കിട്ട് എന്റെ കൈയും കാലവും എല്ലാ അവയം കൂടെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വലിച്ചു ആവശ്യമൊന്നുമില്ല ഡോക്ടർമാരെ അയപ്പിച്ചാൽ മതി അവരെന്ത് നിയമപ്രകാരം തന്നെ അവരെല്ലാം മാറ്റിട്ട് അവരെല്ലാം എടുത്ത് ആൾക്കാർക്ക് വിരിച്ചു കൊടുക്കും എല്ലും പല്ലും എല്ലാം ഉപയോഗം എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് ആൾക്കാർ വിരിച്ചു കൊടുക്കും അത് എഗ്രിമെന്റ് ആദ്യം എഴുതി കൊടുക്കുന്നു ഈ വിശാല സമയ പറഞ്ഞിട്ട് പേടി അങ്ങനായിരിക്കും ഏത് മണിക്കൽ കോളേജിലും എഴുതി കൊടുക്കാം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരുപയോഗിച്ചോളൂ നല്ല കാര്യങ്ങളെന്ന് എല്ലാരും പറയും പക്ഷെ ആർക്കും ചെയ്യാൻ ധൈര്യം വരത്തില്ല ഏ കണ്ടറിയാം ആ എന്താ മാഫിയ എന്താ മാഫിയങ്ങനെ അങ്ങനെ എന്തേലും നമ്മൾ എഴുതി വെക്കണമെന്നില്ല അത് ആർക്ക് വേണോ ആരോ വേണോ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മള് രേഖാമൂലം എഴുതി വെക്കുമ്പോ എന്താണ് അപ്പോ സ്വാഭാവികമായിട്ടത് നടക്കും മറ്റേ സിനിമയും കാണുന്ന പോലെ അല്ല ഇത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോ ഇതിന്റെ ആവശ്യമില്ല നോക്കുന്നു ഡോക്ടർമാരെ നോക്കുന്നു ആ ഇത് കുഴപ്പമാണ് അവിടന്നെ അവർ തന്നെ എന്തു ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിട്ട് എന്തായാലും നമുക്ക് ഇത്രയൊക്കെ വയസ്സായി ഇനി ഇന്നി എന്തായാലും ചാകേണ്ട സമയത്ത് ഇത് ആൾക്കാർ എടുത്തോട്ടെ ഉപയോഗിച്ചോട്ടെന്താ ഇതിങ്ങനെ അവസാനം കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പുഴുതന്നേ എത്രയും നല്ലതാണ് ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നു ആ ബോധം ഈ സ്വാമിമാർക്ക് എന്താ ഉണ്ടാവാത്ത ആ ഒരിക്കലും അതിനുള്ള ധൈര്യം വരത്തില്ല പിന്നെ ഇരുന്ന് ആരോഗ്യമയ്യോ അപ്പൊ അവരിങ്ങനെ കീറും മുറിക്കും കണ്ണെടുക്കും അതെടുക്കും ഇതെടുക്കും അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല അത് ഇവിടെ ഇരുന്ന് പറയും ധൈര്യം ഉണ്ടെങ്കി ഒന്ന് ചെയ്തു നോക്കി കാണും എന്തെങ്കിലും ഒരു വ്യക്തി പറയും ഏഹ് സമാധിയിരുത്തുന്ന എന്തോളും ഇവര് ഡാക്ടർമാര് ചെയ്തോളും ഡോക്ടർമാര് തന്നെ സമാധിയിരുത്തുന്നു ഫോർമാലിന് ഇട്ട് വയ്ക്കുമല്ലോ അമ്മ പറഞ്ഞോ പിള്ളേർക്ക് പഠിക്കാൻ അതും ഒരു സമാധിയാണ് വേറെ അസംബന്ധങ്ങൾ കാണിക്കുന്നത് വിവരദോഷികൾ കൊഴിച്ചു വെച്ചിട്ട് അതിന് അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജില് അത് ഇതിങ്ങനെ ഫോർമാലി കണ്ടത് പഠിക്കാൻ വേണമല്ലോ അപ്പൊ ഇത്രയും സ്വാമിമാരുണ്ട് രണ്ടെണ്ണം നഴ്സിങ് കോളേജിൽ കൊടുത്തോളു അത് പ്രത്യേകിച്ചും അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന ആണെങ്കിൽ തന്നെ കൊടുക്കണം സ്വാമി എന്നും അവിടെ ഓർമ്മക്ക് അവിടെ കാണും അതെ അവരൊക്കെ വേണോ കൊടുക്കേണ്ടത് ഉം ബോധമില്ലാത്ത മനുഷ്യടുത്ത് പറഞ്ഞിട്ടൊരു കാര്യ ആ കുഴിക്കകത്തിറങ്ങിയിരുന്നാണ് ഇനി മോഷം നേടുന്നത് അതൊക്കെ നല്ലത് തന്നെ അപ്പോ രണ്ട് സാക്ഷാത്കാരം ഒന്നേതാണ് അഖണ്ഡാകാര വരുന്നു അജ്ഞാനം നശിക്കുന്നു അത് രണ്ടാമത്തത് ഫൈനൽ സാക്ഷാത്കാരം വെച്ചാൽ ബ്രഹ്മസ്വയം പ്രകാശിക്കുന്നു പറഞ്ഞിരിക്കുന്ന എന്ത് ബ്രഹ്മ ആത്മതാ സാക്ഷാത് ആവിർഭാവം അതാണ് സാക്ഷ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നുണ്ട സ്വയം ഇങ്ങനെ പ്രകാശിച്ചോണ്ടിരിക്കുന്നു ആദ്യം കട്ടൻ മാറ്റുന്ന പരിപാടി പിന്നീട് എന്താണ് സ്വയം പ്രകാശിക്കുന്നു ഇത് ജീവൻ ഇങ്ങനെയുള്ള ആയുർഭാവം ഉണ്ടാകുന്ന ജീവൻ ഇങ്ങനെ സംഭവിക്കും നിത്യാസനം ചെയ്യുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കും അത് ആത്മാവിനെ കുറിച്ച് പറയുന്നു ആത്മാവിനാണ് വിലമതിയാതെ വിളക്കെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് അറിയണം അത് പൊതുവായിട്ടുള്ള ഒരു പ്രദേശം ജനറൽ മാത്രം